ധൂമേനാവ്രിയത്തെ വന്നി അഗ്നിയെ പുക മറയ്ക്കും ചിലപ്പോ അഗ്നി ഇങ്ങനെ കത്തുമ്പോ ചിലപ്പോ പുക മറയ്ക്കും പക്ഷേ ആ പുക പോക്കാൻ എന്ത് വേണം പുകയെ തല്ലി ഓടിക്കൊന്നും വേണ്ട പുകയോട് ചണ്ടോ കൂടുകൊന്നും വേണ്ട അഗ്നി തന്നെ നല്ലവണ്ണം ഊതിക്കൊടുത്ത് അഗ്നി നല്ലവണ്ണം ആളിക്കത്തി കഴിഞ്ഞാൽ പുക പോകും അതേപോലെ അത് അല്പം ഈ വാസനകളുള്ളവര് ആ വാസനയിൽ അറ്റൻഷനെ ഇടേണ്ട ആവശ്യമില്ല അത് അതിന്റെ പാട്ടിൽ ഇരിക്കട്ടെ അറ്റൻഷൻ മുഴൻ ഈ ജ്ഞാനത്തിനെ പ്രബലപ്പെടുത്തുന്നതിൽ തിരിച്ചുകൊണ്ടേയിരിക്കണം ആ ജ്ഞാനമാകുന്ന അഗ്നി ഉള്ളിൽ നല്ലവണ്ണം ജ്വലിച്ചു കഴിഞ്ഞാൽ സർവകർമാണി ഭസ്മസാത്കുരുതേ എന്നാണ് എല്ലാ കർമ്മവാസനകളെയും അത് ഭസ്മമാക്കി തീർക്കും അല്പമേ ഉള്ളൂ എങ്കിൽ അതിനോട് ജ്ഞാനത്തിൽ ശ്രദ്ധ ആത്മവിചാരത്തിൽ ശ്രദ്ധ ആത്മസമാധി അഭ്യസിപ്പിക്കുന്നതിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടേയിരുന്നാൽ ആത്മധ്യാനം ചെയ്യുന്നതിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടേയിരുന്നാൽ മതി സെക്കൻഡ് കാറ്റഗറി യഥാദർശവും മലയനച്ച കണ്ണാടി പൊടി പറ്റിയിരിക്കാം കുറച്ച് എഫേർട്ട് വേണം ആദർശം കണ്ണാടിയിൽ പൊടി നമ്മളുടെ രൂപം ശരിക്കറിയില്ല അപ്പൊ എന്ത് വേണം കണ്ണാടി തുടക്ക അതേപോലെ കുറച്ച് ജപം ധ്യാനം സത്സംഗത്തിൽ നല്ല ആഴുന്ന പരിശ്രമം വിചാരം ഇതൊക്കെ വേണം അതാണ് അല്പ ഒരു ശ്രമം ം അഭ്യാസം ചെയ്യണം അഭ്യാസേനു കൗന്തേയ വൈരാഗ്യേണ ഗൃഹ്യത്തെ മൂന്നാമത്തത് പറഞ്ഞു ആവൃത്തോ ഗർഭ ഉൽബം ഗർഭത്തിനെ ആവരണം ചെയ്തിരിക്കുന്ന പോലെ കുട്ടി ഗർഭത്തിലിരിക്കുമ്പോ അതിനെ ആവരണം ചെയ്തിരിക്കുന്ന മറ പോലെ അത് എപ്പം മാറിക്കിട്ടും കുട്ടി പ്രസവിച്ചാലേ ഉള്ളൂ അല്ലെ അതിനു മുമ്പ് പുറത്തു കൊണ്ടുവന്ന വിഷമാണ് ഗർഭം നേരത്തെ പ്രസ്രവിച്ചാൽ ചില ആളുകളെയൊക്കെ അതുകൊണ്ട് എന്ത് ചെയ്യാം അവര് വെച്ചുകൊണ്ട് വെയ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം അവര് പക്വമാവാനായി കാത്തുകൊണ്ടിരിക്കണം അവർക്ക് ഉപദേശിക്കാനും അതിനുമുമ്പ് ഉപദേശിച്ചാൽ ഈ മൂന്ന് തരത്തിലുള്ള ആളുകൾ മൂന്ന് വിധത്തിലാണ് കേൾക്കുക ഉത്ഭവം ആവർത്തനം ചെയ്ത പോലെയുള്ളവര് കേട്ടുകൊണ്ടേ ഇരിക്കും ഉറങ്ങും രണ്ടാമത്തെ കാറ്റഗറിയിലുള്ളവര് കേൾക്കും അല്പൽപ്പം മനസ്സിലാക്കൽ തെറ്റിദ്ധാരണ ഡൌട്ട് ഒക്കെ ഉണ്ടാവും അതൊക്കെ അവർക്ക് പതുക്കെ പതുക്കെ പതുക്കെ വിചാരം ചെയ്ത് നീക്കണം ആദ്യത്തെ കാറ്റഗറിയിലുള്ളവർക്ക് ശ്രവണം ചെയ്യുമോറും അഗ്നി ജ്വലിക്കണ പോലെ ജ്ഞാനം ജ്വലിച്ചുകൊണ്ടിരിക്കും പുക അടങ്ങണ പോലെ കാമകോപങ്ങളൊക്കെ തനിയെ പോയിക്കോളും വലിയ സാധനയും അനുഷ്ഠാനങ്ങളും ഒന്നും വേണ്ട സ്വരൂപശ്രദ്ധ തെളിയുന്തോറും ബാക്കിയുള്ളതൊക്കെ പോയിക്കോളും മൂന്ന് പേര് മൂന്ന് കാറ്റഗറിയിലുള്ളവരെയും നമുക്ക് ലോകത്തിൽ സത്സംഗലോകത്തിൽ കാണാം ഈ മൂന്നെണ്ണം പോലെ തന്നെ അടുത്തതും ഇതിന്റെ തന്നെ ഡെഫിനിഷനാണ് നോക്കുക ആവൃതം ജ്ഞാനമേ തേനോ നിത്യവൈരി കാമരൂപേണ കൗതേയാം ദുഷ്പൂരേണാന ഈ കാമം എന്നുള്ളത് ജ്ഞാനത്തിനെ ആവരണം ചെയ്തിരിക്കണം ജ്ഞാനം എല്ലാവരുടെ ഉള്ളിലും ജ്ഞാനമാണ് നമ്മളുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഞാനുണ്ട് ഞാൻ ഞാൻ ഞാൻ എന്ന അനുഭവ രൂപത്തിൽ പ്രകാശിക്കണം പക്ഷെ അത് ആവൃതം സൂര്യനെ മേഘം വരയ്ക്കണ പോലെ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്തുകൊണ്ട് കാമരൂപേണ ആഗ്രഹം വാസനാ പടലം സ്വരൂപത്തിനെ മറച്ചിരിക്കുന്നു എന്നാൽ ഈ ആഗ്രഹങ്ങളൊക്കെ പൂർത്തി ചെയ്ത് നീക്കാം എന്ന് വെച്ചാൽ ദുഷ്പൂരേണ ദുഷ്പൂരമാണത് ആഗ്രഹം ഒരിക്കലും പൂർത്തി ചെയ്ത് പറ്റില്ല ആഗ്രഹം എന്താ ഒരു സാധനം എന്താ ആഗ്രഹം അല്പമേ ഉള്ളൂവെങ്കിൽ നമുക്ക് വിജയിക്കുന്ന ഒരു സാധനയുണ്ട് ആഗ്രഹം ഇറ്റ് ഈസ് ഓൺലി മിയർ തോട്ട് അത് പൂർത്തി ചെയ്യണം എന്നുള്ള നിർബന്ധമില്ലെങ്കിൽ തന്നെ ആഗ്രഹം തനിയെ വീണു അത് നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു സാധന ആഗ്രഹം ഇരുന്നോട്ടെ ആഗ്രഹം വേണ്ട എന്നൊന്നും വെക്കണ്ട പക്ഷെ ആഗ്രഹത്തിനെ പൂർത്തി ചെയ്യണം എന്നുള്ള നിർബന്ധം നമുക്കില്ലെങ്കിൽ തന്നെ നടന്നാ നടക്കട്ടെ ഇല്ലെങ്കിൽ വേണ്ട എന്നാണെങ്കിൽ തന്നെ ആഗ്രഹത്തിന് ബലം കുറയും എങ്ങനെയെങ്കിലും അതുമായിട്ടുള്ള സംബന്ധം വിട്ടാൽ മതി ആഗ്രഹത്തിനെ മുഴുവൻ പൂർത്തി ചെയ്തിട്ട് ഞാൻ സ്വതന്ത്രമാവാം എന്ന് വെച്ചാൽ ദുഷ്പൂരം എന്നാണ് അനലൻ അനലൻ എന്നുവെച്ചാൽ അഗ്നി എന്നർത്ഥം അഗ്നിക്ക് അനലൻ എന്നുള്ള പേര് വരാൻ കാരണം അലം എന്ന് വെച്ചാൽ മതി അലം എന്ന് പറയേ ചെയ്യാത്തവനാണ് അനലൻ അയാള് അഗ്നിയിൽ എത്ര ഒഴിച്ചാലും ഒരിക്കലും അഗ്നി മതി എന്ന് പറയില്ല എല്ലാം ഭക്ഷിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് അനലൻ അഗ്നിക്ക് പേരും അതേപോലെ ഈ ആഗ്രഹവും അനലനാണ് എത്ര സ്ഫൂർത്തി ചെയ്താലും പിന്നെയും ബാക്കി നോക്കും എവിടെയെങ്കിലും തൃപ്തിയുള്ള ആളുകൾ ഉണ്ടോ നോക്കൂ അന്വേഷിച്ചു നോക്കാം കോടിക്കണക്കിന് സ്വത്തുള്ള ആളുകളെ പോയി ഒന്ന് കണ്ടുനോക്കൂ തന്നെക്കാളും സ്വത്തുള്ളവരെ നോക്കിക്കൊണ്ടിരിക്കുവരും വലിയ വലിയ പ്രസിദ്ധിയുള്ള ആളുകളെ സമാധാനം ഉണ്ടോ എന്ന് പോയി നോക്കൂ അവരെ കാണും പ്രസിദ്ധിയുള്ളവരെ നോക്കിക്കൊണ്ടിരിക്കുക അവര് എന്തിലും അതെ ലോകത്തിൽ നമുക്ക് ഒരിക്കലും ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കാനേ പറ്റില്ല നമ്മള് മുമ്പിലിരിക്കുന്ന ആളുടെ പ്രശ്നം കണ്ടിട്ട് അയാള് ഫസ്റ്റ് ബെഞ്ച് എന്ന് വിചാരിക്കുകയാണ് അവിടെ പോയിരുന്ന അടുത്ത പ്രശ്നം കാണും കണ്ടുകൊണ്ടേയിരിക്കും ഒരിക്കലും ഈ ഫസ്റ്റ് പേഴ്സണെ കാണാൻ പോകില്ല നമ്മള് അതാണ് അനലേന ച ദുഷ്ഭൂരേണ അനലേനച്ച എന്ന് പറയുന്നത് അതിന് എന്ത് അതോ എവിടെയാ ഒളിഞ്ഞിരിക്കണ ഈ ആഗ്രഹം മൂന്ന് സ്ഥലത്ത് ഒളിഞ്ഞിരിക്കണോന്നാണ് ശത്രുവിനെ ആക്രമിക്കണമെങ്കിൽ പതിങ്ങിയിരിക്കണം സ്ഥലം കണ്ടുപിടിക്കണം അത് ഭഗവാൻ പറയാണ് അടുത്ത ശ്ലോകം ഇന്ദ്രിയണി മനോബുദ്ധി Gatesha, ം ഇന്ദ്രിയങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്നു മനസ്സിൽ ഒളിഞ്ഞുകിടക്കുന്നു ബുദ്ധിയിൽ ഒളിഞ്ഞുകിടക്കും ബുദ്ധിയിലെങ്ങനെ ഒളിഞ്ഞുകിടക്കും ബുദ്ധിയിലുള്ളത് ടാക്കിൾ ചെയ്തില്ലെങ്കിൽ ഇന്ദ്രിയവും മനസ്സും ശരിയാവുകയില്ല ബുദ്ധിയിൽ ബേസിക് ആയിട്ട് എന്താ ആദ്യ അജ്ഞാന രൂപത്തിൽ അങ്ങനെയാണ് ഇന്ദ്രിയും മനസ്സുമൊക്കെ ദുഷിക്കുന്നത് ബുദ്ധിയിൽ ആദ്യമേ ധരിച്ചു ലോകകാര്യങ്ങളാണ് ശരി പല വസ്തുക്കളിലും സുഖമുണ്ട് അച്ഛൻ അമ്മ ഒക്കെ കുട്ടികളോട് സ്നേഹമുള്ളവരാണെങ്കിലും അച്ഛനമ്മമാരും ബന്ധുക്കളെയും പോലെ പലപ്പോഴും അധ്യാത്മലോകത്തിലേക്ക് വരുന്ന കുട്ടികൾക്ക് ശത്രുക്കൾ പറയാറുമില്ല എന്താന്ന് വെച്ചാൽ അവരും ഭാവം അജ്ഞാനത്തിലാണ് ഇരിക്കണതേ അതുകൊണ്ട് അവരെ കുട്ടികൾക്ക് അജ്ഞാന ഊട്ടി തന്നെയാണ് വളർത്തുന്നത് നമസ്കാരം പാർട്ടി പാർട്ടിക്ക് വിള ലോകത്തിലെ ബന്ധുക്കൾ എല്ലാം സൊസൈറ്റിയുടെ സ്ട്രക്ചർ തന്നെ അങ്ങനെയാണല്ലോ അപ്പൊ എല്ലാവരും നമ്മളുടെ ഉള്ളിലേക്ക് വിടുന്നത് എന്താ ബുദ്ധിയുടെ ഉള്ളിൽ ലോകത്തിൽ വിഷയങ്ങൾ സുഖം പല വസ്തുക്കളിൽ സുഖം പല സാധനങ്ങൾ തിന്നുന്നതിലാണ് സുഖം ദീപാവളിക്കൊക്കെ നോക്കും എത്ര മെനക്കിടണോ നമ്മൾ ഒന്നും തിന്നാൻ പറ്റണല്ലേ എന്നാലും ഇത് കൊണ്ടുവന്ന് വെച്ചാൽ തിന്നണമെന്നും തോന്നുന്നു ഇന്ദ്രിയസി ഇന്ദ്രിയസി ആർക്കെ രാഗദ്വേഷവും വ്യവസ്ഥയോ എന്ത് ചെയ്യാൻ പറ്റും ഈ പറയണ ഞാനാണെങ്കിൽ തന്നെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നു വെച്ചാൽ എടുത്ത് വായിലിടും ഇന്ദ്രിയത്തിന് വിഷയത്തിനോടുള്ള സമ്പർക്കം ഇതെന്ത് മെനക്കെട്ട് ഉണ്ടാക്കുന്നവർക്ക് ഡയബറ്റീസ് വീട്ടിലുള്ളവർക്ക് ഡയബറ്റീസ് എന്നിട്ടും ഉണ്ടാക്കണോ എന്താ നാലുപേർക്ക് കൊടുക്കണം ആ വരണവർക്ക് ഇതേ കേസ് തന്നെ എല്ലാവർക്കും ഇതേ കേസ് തന്നെ ഇതിൽ എവിടെയെങ്കിലും രുചിയുണ്ടോന്ന് ആലോചിച്ച ഞാൻ കൊറേ അനുഭവിച്ചിട്ടുണ്ട് തനിയെ ഇരിക്കുന്ന കാലത്തൊക്കെ നല്ല വിശപ്പ് തനിയെ പാചകം ചെയ്ത് കഴിക്കുക എന്ന് കുറച്ചുപേരായിട്ട് താമസിക്കുന്ന സമയത്തൊക്കെ ഒന്നും കഴിക്കാനില്ല അല്പം ചോറ് തൈര് എന്തെങ്കിലും ഒരു പച്ചക്കറി വെജിറ്റബിൾ വെച്ചാൽ അതിന്റെ ഒരു ടേസ്റ്റ് വിശന്നിട്ട് ആഹാരം കഴിക്കുന്നതിന്റെ ഒരു രുചി ഈ ദീപാവലി പലഹാരം തന്നതിലൊന്നുമില്ല എന്നാലും നമ്മൾ മെനക്കണം എന്നാലും നമ്മൾ ഇതൊക്കെ ചെയ്യും ഇത് ബുദ്ധിയിലുള്ള അജ്ഞാനമാണ് ബുദ്ധിയിലുള്ള അജ്ഞാനം എന്ത് വരണം അങ്ങനെ വേണം ഇങ്ങനെ വേണം അതുണ്ടാക്കണം ഇതുണ്ടാക്കണം പാവം ആയിരം ഉറുപ്പി ശമ്പളം ഉള്ള ആളായിരിക്കും അടുത്ത വീട്ടില് മാസം ലക്ഷക്കണക്കിന് പൈസ ഉണ്ടാക്കണവരായിരിക്കും അവര് പട്ടുസാരി വാങ്ങിക്കണേ ഈ അമ്മയ്ക്ക് ആഗ്രഹം എന്ത് ചെയ്യും ഈ എന്തു ചെയ്യും ബുദ്ധിയിലുള്ള അജ്ഞാൻ അജ്ഞാനത്തിന്റെ മൂലമെന്താ ആ വസ്ത്രം ഉടുത്താൽ എന്തോ സംഭവിക്കാം എന്ത് സംഭവിക്കും പറയും എന്ത് സംഭവിക്കും അത് ഉടുത്താൽ എന്ത് സംഭവിക്കും സൗന്ദര്യം ഉള്ളവരാണെങ്കിൽ എങ്ങനെ ഇട്ടാലും സൗന്ദര്യമായിരിക്കും സൗന്ദര്യം ഇല്ലാത്തവർ എന്ത് തേച്ചാലും വെളുക്കാൻ തേച്ചത് പണ്ട എന്നുള്ള മറന്നു എങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് വേണം ഇപ്പൊ സൗന്ദര്യം ഉണ്ടെങ്കിൽ എന്താ സൗന്ദര്യം ഇല്ലെങ്കിൽ എന്താ ഏത് വഴിക്ക് വേണം അങ്ങനെ ചിന്തിച്ചാലും ഉണ്ടാതിരിക്കാം എന്തോ വിധത്തില് വെറുതെ ഒരു അജ്ഞാനം രജോ ഗുണ സമുദ്ഭവ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ശരി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ശരി വിനോബാബാവയുടെ വ്യാഖ്യാനം പറയാം ട്രഡീഷനാണെന്നും മതമാണെന്നും ആചാരമാണെന്നും ഒക്കെ പേരില് രജോഗുണത്തിന് അദ്ദേഹം വ്യാഖ്യാനം പറയാണ് സമുദ്രത്തിനുള്ളിൽ പോയി കുറെ കുപ്പ പറക്കൊണ്ടുവന്ന് അതിന് മുത്തെന്ന് പേര് മണ്ണിന്റെ ഉള്ളിൽ നിന്ന് കുറെ കുപ്പ കൊഴിച്ചെടുത്തിട്ട് സ്വർണം എന്ന് പേര് അതിനെ വിളക്കി ഉരുക്കി വട്ടത്തിലും നീളത്തിലും ആക്കി മൂക്കിലൊരു ഓട്ടം ചെവിയിലൊരു ഓട്ടമൊക്കെ തുളച്ച് അവിടെ അവിടെ തൂക്കിയിടുക എന്നിട്ട് ഇതിനൊക്കെ ആഭരണം എന്ന് പേര് അതിന്റെ പേരിൽ വെട്ടുക കുത്തുക ശണ്ട ഇതാണ് രജോഗുണം ുദ്ധിയിലുള്ള അജ്ഞാനമാണ് അതിട്ടാൽ സൗന്ദര്യം വർദ്ധിക്കും എന്ന് നമ്മൾ വിചാരിക്കുകയാണെ നമ്മളുടെ സൗന്ദര്യ ബോധമാണത് ചൈനയിലൊക്കെ സൗന്ദര്യത്തിന് അവര് സ്ത്രീകൾക്ക് ഒരു പ്രത്യേക കുട്ടിയാവുമ്പോൾ കാല് വലുതായാൽ സ്ത്രീകൾക്ക് സൗന്ദര്യം സൗന്ദര്യം ഇല്ല എന്നുള്ളതാ അല്ലാത്രേ സ്ത്രീകൾ വീട്ടിൽ നിന്ന് ഓടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയത് ചെറിയ ചെരുപ്പ് ഇട്ടിട്ട് ഇട്ടിട്ട് ചൈനാക്കാർ പാവം നടക്കാനേ പറ്റില്ല സ്ത്രീകൾക്ക് പഴയ സ്ത്രീകൾക്ക് നടക്കാനേ പറ്റില്ല സൗന്ദര്യം കാലിത്രയാവാൻ വേണ്ടിയിട്ട് ചെരുപ്പിട്ട് അതിലൂടെ തിരികെ തിരികെ തിരികെ തിരികെ വെച്ച് ചെറിയ കാലാക്കി കാല് രജോ ഗുണം സമുദ്ഭവം അജ്ഞാനമാണ് ബുദ്ധിയിലെ നാച്ചുറലായിട്ട് ഇപ്പൊ പക്ഷികൾ കുരുവികളൊക്കെ മൂക്കുത്തിയും ചെവിയിലിതുമൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത് അവര് സൗന്ദര്യം അവരുടെ സൗന്ദര്യം നമുക്ക് ആർക്കെങ്കിലും വരുമോ കഴുത്തിൽ പണ്ടം ഇട്ടുകൊണ്ട് നടക്കണ്ടോ ലിപ്സ്റ്റിക്ക് ഇട്ടുകൊണ്ട് നടക്കണ്ടോ കുരുവികൾ കുരുവികൾ പൗഡർ വന്നു ഇപ്പൊ പഴയ കാലത്തുകാരെ മാത്രം പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും കുരുവികൾ ഇന്നത്തെ ആളുകളെ പോലെ ഈ വേഷമൊക്കെ കെട്ടിക്കൊണ്ട് നടക്കും ഇതൊക്കെ വേണമെന്ന് ആര് പറഞ്ഞു ഇത്ര പണം കൊടുത്ത് ഡ്രസ്സ് വാങ്ങിക്കണം ആയിരം ഡ്രസ്സ് വാങ്ങിക്കണം പല അലങ്കാര വസ്തുക്കൾ അപ്പോ ഓരോരുത്തർ വേഷം കെട്ടിയിട്ട് പുറത്തിറങ്ങി അവരുടെ വിചാരം എല്ലാരും അവരെ നോക്കിക്കൊണ്ടിരിക്കണു ആളുകൾക്ക് വേറെ പണി ഇഷ്ടം പോലെ കിടക്കണോ നമ്മൾ വിചാരിക്കുക എല്ലാരും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും അതിനൊരു അര മണിക്കൂർ കണ്ണാടിയുടെ മുമ്പിൽ ചായം തേച്ച് പെയിന്റ് അടിച്ച് വേഷം കെട്ടി ഒരു ലിമിറ്റ് വരെ വേണം ഒരു ഒരു മംഗളമായിട്ടിരിക്കണം അത്രയോ വേണ്ടു അത് അഭിമാനവും അഹങ്കാരവും ആവാൻ പാടില്ല മംഗളമായിട്ടിരിക്കണം മംഗളം എന്ന് വെച്ചാൽ സമൂഹത്തിൽ അംഗീകരിച്ച ഒരു സ്റ്റാൻഡേർഡിന് വേണം അതിൽ കൂടുതൽ നമ്മളുടെ ആഗ്രഹം പൂർത്തിക്കായി കൊണ്ടാവുമ്പോ അപകടമായിട്ട് തീരും ഒരു അംഗീകരിച്ച ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ അതിൽ നിന്നോട്ടെ അത് വേണ്ട പറയണില്ല അജ്ഞാനവും ലിമിറ്റ് വരെ നമ്മൾ അംഗീകരിച്ചു വയ്ക്കണം അതിനനുസരിച്ച് നമ്മള് വ്യവഹാരത്തിന് വേണ്ട വസ്തുക്കളൊക്കെ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല അപ്പോ ആഗ്രഹത്തിന്റെ ഒക്കെ മൂലം രജോഗുണമാണ് ഈ ആഗ്രഹം ഇന്ദ്രിയങ്ങളിൽ നിൽക്കണു മനസ്സിൽ നിൽക്കണു ബുദ്ധിയിൽ നിൽക്കണു ബുദ്ധിയിൽ ഇങ്ങനെ അജ്ഞാന രൂപത്തിൽ നിൽക്കും അജ്ഞാന രൂപത്തിൽ നിന്ന് കഴിഞ്ഞാൽ എന്താ ഇന്ദ്രിയങ്ങളിൽ ചേഷ്ടിക്കും മനസ്സിൽ സങ്കല്പിക്കും അത് കിട്ടിയാൽ എത്ര നന്നായിരിക്കും അത് ധരിച്ചാൽ എത്ര നന്നായിരിക്കും അതെനിക്ക് കിട്ടിയാൽ എത്ര സൗ സൗന്ദര്യമായിട്ടിരിക്കും അല്ലെങ്കിൽ എത്ര സുഖം വെറും ഭ്രമമാണ് അത് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അതിൽ ഇല്ലാന്ന് മനസ്സിലാവും ഈ മരുമരീച്ചുകതാണ് പറയണത് ഓടി പോകുമ്പോൾ അവിടെ വെള്ളം ഉണ്ടെന്ന് വന്നിട്ട് ഭൂമിയിൽ മരുഭൂമിയിൽ അവിടെ പോകുമ്പോൾ വെള്ളമില്ല എല്ലാ വസ്തുക്കളും ഇതാണ് പുതിയ ഒരു നെക്ലസ് കിട്ടിയാൽ നന്നായിരിക്കും വാങ്ങിയിട്ട ഒന്നും ഒരു വ്യത്യാസവും ഇല്ല അതേപോലെ തന്നെ നമ്മൾ ഇരിക്കണം ഒരു പ്രത്യേക സുഖമോ പ്രത്യേകമായിട്ടൊന്നും ഇല്ല വെറും ഒരു ഇമാജിനേഷൻ മനസ്സിൽ അതിനെ കുറെ കാലം ഭാവന ചെയ്തു അതിലൊരു സുഖം ബുദ്ധി അതിലൊരു സുഖം ഉണ്ടെന്ന് വെറുതെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു എന്നിട്ട് ഇന്ദ്രിയങ്ങൾ ചേഷ്ടിച്ചു അതേപോലെ തന്നെ ഈ ജിലേബി മൈസൂർപ്പ ലഡു ഒക്കെ ആ ജിലേപി നോക്കൊന്നും എവിടെ തുടങ്ങണോ എവിടെ അവസാനിക്കണോ എന്നറിയില്ല എത്ര മെനക്കെട് എല്ലാരെ കൊണ്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അത് നീളനീളത്തിൽ ഉണ്ടാക്കിയാലും വായിലിട്ടാൽ അതേ രുചി തന്നെയാണ് പക്ഷെ അതിങ്ങനെങ്ങനെങ്ങനെങ്ങനെ ഉണ്ടാക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് പറയണു അങ്ങനെ ജിലേബി ആവുള്ളൂ എന്നാണ് എന്നാ അത് അതേപടി അത് അങ്ങനെ വായിലിടാനൊന്നും പോണില്ല അത് കുഴപ്പം വായിലിടുമ്പോഴേക്കും ഒക്കെ കുഴപൊഴാതെ പോയി പോകും അത് ഇത്ര നീളനീളത്തില് കുച്ചി കുച്ചിയായിട്ട് ഉണ്ടാക്കി ജിലേപി ജിലേപി ആത്താ അത് ഇവിടെ ഇവിടെ ഇവിടെ ഇവിടെ ഇവിടെ ഇവിടെ പണി അത് എന്നാ തിന്നപടാ കയ്യിലേ വെച്ചിട്ടിരിക്കണം എന്നാ അത് അഴവ് പാത്തോണ്ടിരിക്കണം അത് എത്ര കഷ്ടമായിരുന്നു അത് ഉണ്ടാക്കണം അത് ബുദ്ധി ചോറ് അവിടെ ജിലേബി ആച്ഛമാജിനേഷൻ വേറെ വായുപോട്ട ആച്ഛരോ വസ്തുക്കളിലും ഇങ്ങനെയാണ് നമുക്ക് എല്ലാ സകല വസ്തുക്കളിലും ഇതേപോലെയാണ് ആ രുചി ആരംഭത്തിൽ ബുദ്ധിയില് അജ്ഞാനം ഇന്ദ്രിയങ്ങളിൽ ചേഷ്ട മനസ്സിൽ സങ്കല്പം ഈ മൂന്ന് രൂപത്തിലും ആഗ്രഹം നമ്മളിൽ ഇരുന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു ഏതൈർ വിമോഹയത്യേഷ ജ്ഞാനമാവൃത്യദേഹിനം അടുത്ത ശ്ലോകം ജ്ഞാന വിജ്ഞാനാശനം അതുകൊണ്ട് തസ്മാത് ഭഗവാൻ എല്ലാത്തിലും ആ തസ്മാത് അവിടെ കൊണ്ടുവരും അതുകൊണ്ട് ഹേ ഭരതഭ ഭരതവംശത്തിൽ ജനിച്ച ഋഷഭനെ ശ്രേഷ്ഠനെ എന്നൊരർത്ഥം ഋഷഭയോഗീശ്വരനെ ഓർത്തോളൂ എന്ന് വേണമെങ്കിൽ ഭഗവാൻ പറഞ്ഞതായിട്ടും കൂട്ടിക്കൊള്ളുക തന്നെ പോലെ ഒരു രാജവംശത്തിൽ ജനിച്ച ആളാണ് ഋഷഭയോഗീശ്വരൻ ആ ഋഷഭന്റെ പുത്രൻ ആണ് ഭരതൻ ആ ഭരതന്റെ വംശത്തിൽ ജനിച്ച ആളാണല്ലോ നീ അതുകൊണ്ട് ഹേ ഭരത ണി ആദൌനിയമ്യ ആദിയിൽ ഇന്ദ്രിയങ്ങളിൽ തൊട്ട് തുടങ്ങുക നിയമ്യ കൺട്രോൾ നിയമനം ചെയ്ത് എന്ന് വെച്ചാൽ രാഗദ്വേഷം ഇല്ലാതെ വിഷയങ്ങളെ അനുഭവിക്കലാണ് നിയമനം നല്ലവണ്ണം ഓർത്തോളം രാഗദ്വേഷ്യ വിഷയന്ദ്രിയേശ്വരൻ അതായത് അനുഭവിക്കാന്ന് വെച്ചാൽ നമുക്ക് പ്രകൃത്യാ കിട്ടിയിട്ടുള്ള ാരബ്ധവശാൽ നമ്മളുടെ മുമ്പിലുള്ള സുഖമായാലും ദുഃഖമായാലും അതിൽ ഒരു പറ്റിക്കൂടലും ഇല്ലാതെ അത് അനുഭവിക്കണു എന്ന് പോലും അറിയാതെ അത് കടന്നു പോട്ടെ എന്നാൽ വാസനകളൊക്കെ ക്ഷയിക്കും അതിൽ രുചിച്ച് നിന്നാൽ വാസന നിൽക്കും അത് ഇനിയും വേണമെന്ന് ആഗ്രഹിച്ചാൽ വാസന നിൽക്കും അത് വരാൻ പാടില്ല നിർബന്ധം പിടിച്ചാൽ വാസന നിൽക്കും ഈ മൂന്നുകൊണ്ടും വാസന നിൽക്കും എനിക്ക് കുടുങ്ങരുത് അതിൽ വരാൻ പാടില്ല നിർബന്ധം പിടിച്ചാ വാസന നിൽക്കും അത് ഇനിയും എന്ന് വിചാരിച്ചാ വാസന നിൽക്കും ഇതെന്നെ വിട്ടുപോകണം എന്ന് വാസന നിൽക്കും അറിയുകയെ ചെയ്യാതെ രുചിച്ചേ നിൽക്കാതെ നമ്മളെ വിട്ടുപോവുകയാണെങ്കിൽ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ക്രമേണ വന്നു പോകും അതാണ് നിയമനം ഇവിടെ അങ്ങനെ തസ്മാത് അതുകൊണ്ട് ഇന്ദ്രിയാണ് ഇന്ദ്രിയങ്ങളെ नियम्य भरदर्शवा नियम पापुम प्रदह पापकर्तावेमें अहंकार वधिकू नीकू काम एंजू ज्ञान विज्ञान नाशनम बुद्धि तेलचल बुद्धिपर को स्वरूप अनुभ ते मज्ञान नाशन ജ്ഞാനം എന്നുവെച്ചാൽ ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതൊക്കെ ജ്ഞാനമാണ് ഭഗവാന്റെ ഡെഫിനേഷൻ ജ്ഞാനവിജ്ഞാനയോഗം ഏഴാമത്തെ അധ്യായത്തിൽ ഭൂമിരാപോനലോ വായു കമ്പനോ ബുദ്ധിരേവച് അഹങ്കാരേ ഭിന്നാ പ്രകൃതിരഷ്ടത ആ അഷ്ടതാ പ്രകൃതി ജ്ഞാനവും അപരേയും വിതസ്തുന്യാം പ്രകൃതിയും ബിദ്ധിമേ പരാം ഞാനുണ്ട് എന്നുള്ള അനുഭവം വിജ്ഞാനവുമാണ് അതാണ് ജ്ഞാനവിജ്ഞാനയോഗം അപ്പൊ ജ്ഞാനവിജ്ഞാനങ്ങളെ നശിപ്പിക്കുന്ന വെച്ചാൽ ഈ കാമം ഉള്ളിൽ കടന്നാൽ ശരീരത്തിൽ രോഗമായിട്ടും പല വിഷയങ്ങളായിട്ടും മനസ്സിൽ സങ്കല്പവികൽപ്പം ശാന്തിയില്ലായ്മയായിട്ടും ബുദ്ധിയിൽ തെളിച്ചമില്ലായ്മയായിട്ടും അഹങ്കാര കാണപ്പെടും അതേസമയം വിജ്ഞാനസ്വരൂപമായി നമ്മളുടെ ഉള്ളിൽ അഹം സ്ഫൂർത്തിയായി ഞാൻ ഞാൻ ഞാൻ എന്നുള്ള സ്ഫൂർത്തിയായിട്ട് നിൽക്കുന്നതിന് മർച്ചം കളയും അതുകൊണ്ടാണ് എത്ര തന്നെ ആത്മവിചാരത്തിനെ പറഞ്ഞാലും അതെങ്ങനെ ഞാനാരോ വിചാരം ചെയ്യും അത് എവിടെ വിചാരം ചെയ്യും എങ്ങനെ ഇങ്ങനെയും ചോദിച്ചുകൊണ്ടിരിക്കണം എന്താണെന്ന് വെച്ചാൽ അത് പിടിയെ കിട്ടുന്നില്ല ജ്ഞാനവിജ്ഞാന എങ്ങനെ എങ്ങനെ അത് ആ സ്വരൂപത്തിലേക്ക് പോകും അതാണ് അടുത്ത ശ്ലോകം ഭഗവാൻ പറയണത് ഇന്ദ്രിയണിപരാണ്യാഹൂ ഇന്ദ്രിയേ പരം മനസസ്തുപരാബുദ്ധി ഇന്ദ്രിയങ്ങളെക്കാളും ഇന്ദ്രിയങ്ങൾ തന്നെ സൂക്ഷ്മങ്ങളാണ് ഇന്ദ്രിയങ്ങളെന്ന് പറയുന്നത് ഈ കണ്ണ് ചെവി ഒന്നുമല്ല ഇന്ദ്രിയങ്ങളൊക്കെ സൂക്ഷ്മങ്ങളായി ഉള്ളിലിരിക്കുന്നു ഇന്ദ്രിയങ്ങളൊക്കെ എവിടെയാ അടങ്ങിക്കിടക്കുന്നത് മനസ്സിലാണ് ഇന്ദ്രിയങ്ങളുടെ ഒന്നും സഹായമില്ലാതെ തന്നെ സ്വപ്ന സമയത്ത് മനസ്സ് കാണുന്നു മനസ്സ് കേൾക്കുന്നു മനസ്സ് രുചിക്കുന്നു മനസ്സ് സ്പർശിക്കുന്നു അല്ലെ സ്വപ്നത്തിൽ കണ്ണൊന്നും ഇല്ലാതെ തന്നെ കാണുന്നു ചെവിയില്ലാതെ തന്നെ കേൾക്കുന്നു മൂക്കില്ലാതെ തന്നെ മടക്കുന്നു നാവില്ലാതെ തന്നെ രുചിക്കുന്നു അപ്പൊ ഇന്ദ്രിയങ്ങളൊക്കെ തന്നെ സൂക്ഷ്മരൂപത്തിൽ മനസ്സിലുണ്ട് ആദ്യം ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്യുക ഇന്ദ്രിയേഭ്യ പരം മനഃ മനസ് ഇന്ദ്രിയങ്ങളെക്കാളും സൂക്ഷ്മമാണ് മനസ്സ്തു പരാബുദ്ധി മനസ്സില് നിശ്ചയാത്മികമായ ശക്തിയാണ് ബുദ്ധി ഇന്നത് ചെയ്യാം ഇന്നത് ചെയ്യാൻ പാടില്ല എന്നുള്ള അധ്യവസായമാണ് ബുദ്ധി ആ ബുദ്ധിക്കും സാക്ഷിയായ ഏതൊരു ഉണർവ് അവബോധമുണ്ടോ അവനാണ് അവൻ യോ ബുദ്ധേഹേ ഭരതഹ ആ ഒരു സാക്ഷിയോ അവനാകട്ടെ സഹ അവൻ ഈശ്വരനാണ് ഭഗവാനാണ് പരമാത്മാവാണ് യോ ബുദ്ധേഹേ പരതഹ തൂ സഹ ഏതൊരുത്തൻ ബുദ്ധിക്ക് അപ്പുറത്ത് കാണപ്പെടുന്നു എന്ന് വച്ചാൽ ബുദ്ധി മനസ്സൊക്കെ ലയിച്ച സുഷുക്തി അവസ്ഥയിലും ഏതൊരുത്തനുണ്ടോ ഏതൊരുത്തൻ ബുദ്ധിക്കും പ്രകാശം കൊടുത്തുകൊണ്ടുള്ള അവബോധമായിട്ടിരിക്കുന്നു അവനെ നീ ആത്മാവെന്നറിയൂ അങ്ങനെ അറിഞ്ഞിട്ട് എന്ത് പ്രയോജനം അടുത്ത ശ്ലോകം ुद्धे परं बुद्ध्वा बुद्ध संस्तव्या महाबा दुरासद वाचं आत्मना य्रिियात्मना ഭാഗവതത്തിൽ ഭഗവാൻ പറയണതാണ് വാക്കിനെ അടക്കൂ മനസ്സിനെ അടക്കൂ പ്രാണനെ അടക്കൂ ഇന്ദ്രിയങ്ങളെ അടക്കൂ ആത്മാവിനെ ആത്മാവ് കൊണ്ടടക്കൂ എന്നാണെന്ന് വെച്ചാൽ സ്വരൂപത്തിൽ സ്വരൂപമായി ഇരിക്കൂ അങ്ങനെയാണെങ്കിൽ വീണ്ടും നിനക്ക് ജനിക്കേണ്ടി വരില്ല എന്നാണ് വീണ്ടും ഈ ചക്രത്തിൽ ചുറ്റേണ്ടി വരില്ല അതാണ് ഭഗവാൻ പറയണത് ഏവം ഇങ്ങനെ ബുദ്ധിക്ക് അപ്പുറത്തൊരു തത്വമുണ്ട് എന്നറിഞ്ഞ് എന്നുവച്ചാൽ ബുദ്ധി മനസ്സ് ശരീരം അഹങ്കാരമൊക്കെ തന്നെ കണ്ടീഷണൽ ആണ് അതൊക്കെ പ്രകൃതിയുടെ കയ്യിലാണ് അതുകൊണ്ട് അതൊന്നും നമ്മളുടെ സ്വാതന്ത്ര്യത്തിലില്ല നമ്മളുടെ സ്വാതന്ത്ര്യത്തിൽ ഒരേ തത്വമേ ഉള്ളൂ ഞാൻ ഉണ്ട് ഞാൻ ഞാൻ എന്നുള്ള അവബോധം ആ ഉണർവിനെ അവബോധത്തിനെ അറിഞ്ഞ് ഏവം ബുദ്ധേഹേ പരം ബുദ്ധ സംസ്താത്മാനമാത്മന അതിൽ താൻ താനായി തന്റെ സ്വരൂപത്തിൽ ഇരുന്ന് അങ്ങനെ ഇരുന്നാൽ എന്താവും ദഹിശത്രു മഹാബാഹവും കാമരൂപം ദുരാസം ഈ ആഗ്രഹം മനസ്സ് അഹങ്കാരം എന്നൊക്കെ പറയണത് നമ്മളത് നോക്കുമ്പോഴേ അതുള്ളൂ നമ്മൾ നോക്കാതെ നോക്കലിനെ സ്വരൂപത്തിൽ ഇരുത്തിയാൽ അത് ഡിസപ്പിയറാവും ജ്ഞാനം കൊണ്ട് മാത്രമേ ഇതൊക്കെ പോവുകയുള്ളൂ ബാക്കിയുള്ളതൊക്കെ അടക്കി വെക്കാൻ മാത്രമേ ഉള്ളൂ വെളിച്ചം വന്നാലേ ഇരുട്ട് പോകുന്നു അല്ലാതെ ഇരുട്ടിൽ പോകാൻ ഒരു വടിയൊക്കെ കൊടുത്തിട്ട് തട്ടാതെ പതുക്കെ നോക്കി പോവുക അതൊന്നും ശരിയാവില്ല അതൊക്കെ തൽക്കാലത്തിന് വെളിച്ചമില്ലെങ്കിൽ ഒരു വടിയെടുത്തിട്ട് എങ്ങനെ തൊട്ടോ പിടിച്ചോ പിടിച്ചോക്കെ പോവാം അതുപോലെയാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ജ്ഞാനം വന്നാൽ വെളിച്ചം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓടിപ്പോവാം ഒരു തടസ്സവുമില്ല ആ ജ്ഞാനം എന്താണ് നമ്മളുടെ സ്വരൂപമാണ് വിജ്ഞാനമാണത് അത് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം ബുദ്ധിക്കും അപ്പുറത്ത് നിൽക്കും ഇന്ദ്രിയത്തിനേക്കാളും സൂക്ഷ്മം മനസ്സ് മനസ്സിനേക്കാളും സൂക്ഷ്മം ബുദ്ധി ബുദ്ധിയുടെ സൂക്ഷ്മ മണ്ഡലത്തിനും അപ്പുറത്ത് ബോധം അത് പൂർണ്ണ വസ്തുവാണ് അത് സർവതാസ്വതന്ത്രമാണ് അത് സർവതാ നിത്യമാണത് അത് ശുദ്ധമാണ് നിരഞ്ജനമാണ് അവിടെ പോയി നമ്മൾ നമ്മളുടെ അധിഷ്ഠാനം വെച്ചാൽ അവിടെ പോയി വീട് പണിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട് നഷ്ടപ്പെട്ടു പോവുകയില്ല ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലുമൊക്കെ നമ്മളുടെ വീട് പെണിഞ്ഞാൽ ശരീരം പോകുമ്പോൾ അതൊക്കെ പോയി പോകും സ്വരൂപത്തിലാണ് നമ്മളുടെ ഗൃഹമെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ല സ്വരൂപത്തിലാണ് നമ്മളുടെ ധനമെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോവില്ല ആ സ്വരൂപ ശ്രദ്ധയെ ഭഗവാൻ അടുത്ത അധ്യായത്തിലേക്ക് കടക്കാണ് അങ്ങനെ ആത്യന്തിക ലക്ഷ്യം എന്താണ് സ്വരൂപനിഷ്ഠ എല്ലാ യോഗത്തിനും അതാണ് അതിനെ ഭഗവാൻ ഇവിടെ കാണിച്ചു കർമ്മയോഗത്തിന്റെ അവസാനത്തിൽ സ്വരൂപത്തിൽ ഇരിക്കണം സ്വരൂപത്തിൽ ഇരുന്നു കൊണ്ട് ശരീരം പ്രവർത്തിക്കട്ടെ അതാണ് കർമ്മയോഗം ഓം തത്സതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദ കർമ്മയോഗോ നാമ തൃതീയോധ്യായ ശ്രീ പരമാത്മനെ നമ ഇങ്ങനെ കർമ്മയോഗം എന്നുള്ള ഈ മൂന്നാമത്തെ അധ്യായം പൂർത്തിയായി കർമ്മം യോഗം എന്ന് വെച്ചാൽ തന്നെ എന്താണ് പൂർണ്ണസ്ഥിതി എപ്പൊ പൂർണ്ണസ്ഥിതി ഉണ്ടാകും ഞാൻ കർത്താവാണ് എന്ന് ഉദിച്ചിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ പൂർണ്ണ ആ കർത്തൃത്വമില്ലാത്ത സ്ഥിതിയാണ് പൂർണ്ണസ്ഥിതി അഹങ്കാരഹിതമായ സ്ഥിതിക്ക് പേരാണ് സമാധി തത്വാത്മബോധ ഏവൈഹ് സർവാശാത്രിണപാവകോക്തമാധി ശബ്ദേന് നതു തൂഷ്ണീമവസ്ഥിതി യോഗവാസിഷ്ടത്തിലുള്ള ശ്ലോകമാണ് തത്വാത്മബോധത്തിന് പേരാണ് സമാധി നോക്തസമാധി ശബ്ദേന് അല്ലാതെ കാഷ്ടം പോലെ ജഡം പോലെ ഇരിക്കുന്ന സ്ഥിതിയല്ല നതു തൂഷ്ണീം അവസ്ഥ ആ തത്വാത്മബോധം എന്തു ചെയ്യുന്നു ഞാൻ കർത്താവാണ് എന്നുള്ള അഹങ്കാരത്തിന് ശേഷമില്ലാതാക്കുന്നു അഹങ്കാരമാവുന്ന ഗ്രഹം നമ്മളെ വിട്ടുപോയാൽ അഹങ്കാരഗ്രഹാൻ മുക്ത സ്വരൂപമുപദ്ധ്യത ചന്ദ്രവദ് വിമല പൂർണ്ണ സദാനന്ദ സ്വയംപ്രഭ അഹങ്കാരമാവുന്ന ഗ്രഹം വിട്ടുപോയാൽ ചന്ദ്രൻ പോലെ വിമലമായി ഹൃദയം പ്രകാശിക്കും സ്വയംപ്രഭമായിരിക്കും ഹൃദയത്തിൽ ആ സ്വയംപ്രഭമായ സത്യവസ്തു നമ്മളുടെ ഒക്കെ ഉള്ളിൽ അന്തരംഗത്തിൽ ഭഗവാൻ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു ആ ഭഗവാൻ ആ പരമേശ്വരൻ ആ ശ്രീഹരി നമുക്കൊക്കെ സിദ്ധിക്കട്ടെ സിദ്ധിച്ചിരിക്കണു എന്നുള്ള ആ കൺവിഷൻ നമുക്ക് വേണം ഉണർ ഉറപ്പ് നമുക്ക് വേണം ആ ഉറപ്പോടുകൂടെ ഈ കഴിഞ്ഞ അധ്യായങ്ങളെ വീണ്ടും വീണ്ടും പാരായണം ചെയ്യാം അടുത്ത വർഷം അടുത്ത അധ്യായം നമ്മള് തുടങ്ങുമ്പോഴേക്കും ഈ അധ്യായങ്ങളുടെ എസൻസ് നമ്മളുടെ ഉള്ളിൽ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ശ്രവണം തന്നെ നമുക്ക് സമാധി ശ്രവണം തന്നെ നമുക്ക് ധ്യാനം ശ്രവണം തന്നെ നമുക്ക് ഭഗവത് അനുഭവം ക്രമേണ നമ്മൾ തന്നെ ശ്രവണം നമ്മളുടെ ഉള്ളിൽ തന്നെ ശ്രവണം ചെയ്യാൻ തുടങ്ങും പുറമേക്കുള്ള ആശ്രയം ഇല്ലെങ്കിൽ പോലും അകമയ്ക്ക് ശ്രവണം ചെയ്യാൻ കഴിയും അതിന് ഭഗവാൻ നമ്മൾ അനുഗ്രഹിക്കട്ടെ ഈ ഏഴു ദിവസം അത്രയധികം ശ്രദ്ധയോടുകൂടെ അധ്യാത്മദാഹത്തോടുകൂടെ വന്നിരുന്ന നിങ്ങൾക്കൊക്കെ ആ അധ്യാത്മദാഹം തന്നെ നിങ്ങളെ രക്ഷിച്ചിരിക്കണം അല്ലെങ്കിൽ രാവിലെ ആവട്ടെ വൈകുന്നേരം ആവട്ടെ രാവിലെയും പത്തുന്നൂറ് പേര് വന്നിരിക്കുന്നുണ്ട് രാവിലെയും വൈകുന്നേരവും ഇത്ര ശ്രദ്ധയോടുകൂടെ പല തരത്തിലുള്ള ആളുകൾ ഒരു ഗ്രൂപ്പ് മാത്രമല്ല അനേക ആളുകൾ വന്നിരുന്ന് ഈ ഗീതാമൃതത്തിനെ നമ്മൾ കുടിച്ചിരിക്കുന്നു ഇത് നിങ്ങളെ ശക്തിപ്പെടുത്തി പുഷ്ടിപ്പെടുത്തി ഭഗവത് അനുഭവത്തിനെ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളെ ഭഗവാന്റെ പാദത്തിൽ അർപ്പിക്കുകയാണ് അടുത്ത വർഷം വീണ്ടും കാണാം ഈ വർഷം രണ്ടായിരത്തി അടുത്ത വർഷം വൈ എൻ പി ട്രസ്റ്റില് മുതൽ ഇരുപത്തിയൊമ്പത് വരെ പ്രഭാഷണം ഉണ്ടായിരിക്കും ജാനുവരി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയൊമ്പത് വരെ വൈ എൻ ഭാഗവതം ഏകാദശ സ്കന്ധം പ്രഭാഷണം തുടർന്ന് രാവിലെ ഞാൻ ധരിച്ചിരിക്കുന്നത് യോഗവാസിഷ്ടത്തിൽ നിന്നും സെലക്ട് ചെയ്ത ശ്ലോകങ്ങൾ യോഗവാസിഷ്ടത്തിൽ നിന്നും സെലക്ട് ചെയ്ത ചില ശ്ലോകങ്ങൾ രാവിലത്തെ പ്രഭാഷണത്തിനായിട്ടും വൈകുന്നേരം ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തില് ഉള്ള പ്രഭാഷണം അടുത്ത് രണ്ടായിരത്തി ആറ് വീണ്ടും കാണാം സത്യം ഞാനമനന്ത ശം പരമാകാഷപ്രാങ്കണരിണലോലയാസം പരമായാസം മാതാകാരമം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദ ഗോവിന്ദം പരമാനന്ദ ഭജ ഗോവിന്ദ പരമാനന്ദോപാളം ഭുവി ലീലാവിഗ്രഹോ കുലഗോപാളം ഗോപീേന ഗോവർധനധൃതലീലാളിതോ ഗോഭർനിഗദിത ഗോവിന്ദസ്ഫുടനമാനം ബഹുനമാനം ഗോധീ ഗോചരദൂരം പ്രണമത ഗോവിന്ദം പരമാണ കാരണ കാരണമാതിമാദി കാഘനാഭാസം കാളിന്ദീഗതാളിയ ശിരസി സുഹൃത്യ മുഹുരത്യന്ത കാലാതീതം കലിതാശേഷം കലിദോഷഘനം കാതിഹേതു പ്രണമത ഗോവിന്ദം പരമാനന്ദം േദാത്തഗോചരം തമഗോരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരു പ്രണതസ്മ്യഹം യത്മാവസിമേ തോന്നും മമ കിഞ്ചിസ്തി യഥാപേഷ്ടുരുമാതൈ ത്മനം ഭ